സ്വന്തം തന്നിഷ്ടത്തെ ദൈവമാക്കി മാറ്റുകയും അറിവോടെ തന്നെ അള്ളാഹുസുബ് ഹാനഹുവായാലാവ അവനെ വഴിതെറ്റിക്കുകയും അവന്റെ കേൾവിക്കും ഹൃദയത്തിനും അവൻ മുദ്രവെക്കുകയും അവന്റെ കാഴ്ചയിലൊരു മറയിടുകയും ചെയ്തവനെ നീ കണ്ടുവോ അള്ളാഹുസുബ് ഹാനഹുവായാലാവിന് ശേഷം പിന്നെ ആരാണ് അവനെ നേർവഴിയിലാക്കുക നിങ്ങൾ ഓർക്കുന്നില്ലേ